നിങ്ങളുടെ നാവുകൾ കള്ളം പറയുന്നതിലൂടെ ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് പറയരുത് അള്ളാഹുസുബാനുഹുവചായാലായുടെ പേരിൽ നിങ്ങൾ കള്ളം കെട്ടിച്ചമർത്താൻ വേണ്ടിയാണത് തീർച്ചയായും അള്ളാഹുസുബാനുഹുവചായാലായുടെ പേരിൽ കള്ളം കെട്ടിച്ചമർത്തുന്നവർ വിജയിക്കുകയില്ല